പാർത്ഥസാരഥിരൂപേണ്്രാവയ ശുഭാങ്കിരം പാർത്ഥസാർത്തിഹരുവ കൃപൂർത്തി സപാതുനഃരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് സ്വഭാവത്തിനനുസരിച്ച് ചേഷ്ടിക്കുന്നു സ്വഭാവത്തിനനുസരിച്ച് ആഗ്രഹിക്കുന്നു സ്വഭാവത്തിനനുസരിച്ചിട്ടുള്ള ഇഷ്ടദേവതാ ഭജനം ചെയ്യുന്നു എല്ലാം സ്വഭാവം നിയന്ത്രിക്കുന്നു നമുക്ക് കാണാം ഭൗതിക ലോകത്തില് നമ്മളുടെ സ്വഭാവത്തിന് നമ്മൾ അടിമയാണ് സ്വഭാവത്തിനാണ് ഭഗവാൻ പ്രകൃതി എന്ന് പറയുന്നത് സ്വരൂപം എല്ലാവർക്കും ഒന്നാണ് ഒന്നും വ്യത്യാസമില്ല എല്ലാവരിലും ഒരേ ആത്മാ തന്നെ എല്ലാവർക്കും സ്വരൂപത്തിലൊരു ഭേദമില്ല സ്വരൂപത്തിലെല്ലാരും സമം ആ സ്വരൂപത്തിനെ മറയ്ക്കുന്നതാണ് സ്വഭാവം സ്വഭാവത്തിലാണ് ഒരു വ്യക്തിയും ഒരു വ്യക്തിയും നമുക്ക് വ്യത്യാസം കാണുന്നത് സ്വഭാവത്തിനനുസരിച്ചാണ് കർമ്മം എന്താണ് സ്വധർമ്മം എന്ന് ചോദിച്ചാൽ സ്വഭാവവിഹിതം കർമ്മ എന്ന് ഭഗവാൻ തന്നെ അതിന് ഡെഫനേഷൻ കൊടുക്കുന്നു സ്വഭാവത്തിനനുസരിച്ച് നാച്ചുറലായിട്ട് സഹജമായിട്ട് ഉണ്ടാവുന്നതാണ് കർമ്മം സ്വഭാവത്തിനനുസരിച്ചാണ് ജന്മവും ഉണ്ടാവുന്നത് ഒരിടത്ത് ജനിക്കുന്നതും ഒക്കെ തന്നെ ഒരു അനുകൂല സ്വഭാവത്തിനനുസരിച്ചാണ് അതിനനുസരിച്ചാണ് ആ ശരീരത്തിൽ നിന്നുള്ള കർമ്മങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ കൊണ്ടുവരുന്ന ആഗ്രഹങ്ങൾ വാസനകൾ ആ വാസനകൾ ഉള്ളത്തോളം കാലം ജ്ഞാനം പൂർണ്ണമാവില്ല നമുക്ക് സ്വാതന്ത്ര്യവും വാസനാക്ഷയം തന്നെയാണ് മോക്ഷം വാസനാ താണവം രാമുക്തിരി അപ്പോ വാസനക്ക് അനുസരിച്ച് വരുന്ന ജീവൻ സ്വാഭാവികമായി തന്നെ ആഗ്രഹമുള്ളവനാണ് ഒരാൾക്കും ഒരാൾക്കും ലോകത്തിൽ നിങ്ങൾ ആഗ്രഹിക്കൂ എന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല ആഗ്രഹം സഹജമാണ് അങ്ങനൊരു ഉപദേശം ആവശ്യമില്ല ഇന്നത് ആഗ്രഹിക്കൂ എന്ന് ആർക്കും ആരും പറഞ്ഞു കൊടുക്കണ്ട സഹജമായിട്ട് ആഗ്രഹിക്കുകയാണ് ആഗ്രഹം അരുത് എന്ന് പറഞ്ഞാലും ആഗ്രഹിക്കുക ആഗ്രഹം കൊണ്ട് വിഷമമാണ് എന്ന് അറിഞ്ഞാലും ആഗ്രഹിക്കുകയാണ് അപ്പൊ ഈ ആഗ്രഹം ആശ എന്ന് പറയുന്നത് മനുഷ്യനിൽ ഡീപ് റൂട്ടഡായിട്ട് വേരുപിടിച്ചിരിക്കുന്ന അവിദ്യയാണ് പക്ഷെ മനുഷ്യൻ ഈ ആശയെ സഫലീകരിക്കാൻ വേണ്ടി ഈശ്വരനെ ഭജിച്ച് ആശയ്ക്ക് അറുതി തത്കാലം അതാണ് ഇന്നലെ പറഞ്ഞത് കാക്ഷന്ത കർമ്മണം സിദ്ധിം യജന്ത ഇഹ ക്ഷിപ്രം ഹി മാനുഷേ ലോകെ സിദ്ധിർഭവതി കർമ്മജ മനുഷ്യ ലോകത്തിൽ അനേക ലോകങ്ങളുണ്ടെന്നാണ് നമുക്കറിയണത് ഈ ഒരു മനുഷ്യ ലോകമാണ് അനേക വിധത്തിലുള്ള മണ്ഡലങ്ങളുണ്ട് പ്ലെയിൻസ് ഉണ്ട് നമ്മൾ ഒരു പ്ലെയിനിലിരിക്കുമ്പോൾ നമുക്ക് ഈ ലോകം കാണുന്നു അത്രയുള്ളൂ നമ്മൾ ഈ പ്ലെയിൻ അല്പം ചേഞ്ച് ആയാൽ വേറെ ചില ലോകങ്ങൾ കാണും നമുക്ക് എന്തെന്ത് കാണിച്ചു തരുന്നു അത് നമ്മൾ കാണുന്നു കാണപ്പെടുന്നതിന് പേരാണ് ലോകം അല്ലാതെ ഒരു പ്ലെയിൻ ഓഫ് വിഷൻ ആണ് ഒരു പ്ലെയിനിലിരിക്കുമ്പോൾ നമുക്ക് ഈ മനുഷ്യ പ്രപഞ്ചം കാണപ്പെടുന്നു ഈ പ്ലെയിൻ അങ്ങോട്ട് ചേഞ്ച് ആയാൽ വേറെ വല ലോകം കാണും വേറെ വല മണ്ഡലങ്ങളും കാണും മനുഷ്യലോകത്തിന്റെ പ്രത്യേകത കർമ്മപ്രധാനമാണ് ക്ഷിപ്രം ഹി മാനുഷേ ലോകെ സിദ്ധ്യർഭവതി കർമ്മ മനുഷ്യ ശരീരത്തിൽ കർമ്മം കൊണ്ടുള്ള സിദ്ധി എളുപ്പത്തിലുണ്ടാവും കർമ്മം കൊണ്ടാണ് മനുഷ്യ ജന്മവും കിട്ടിയിരിക്കുന്നത് കർമ്മം കൊണ്ടാണ് ഇവിടെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് കർമ്മം കഴുകിക്കളയപ്പെടുമ്പോഴാണ് ഈ ജീവൻ മുക്തനാവുന്നത് പക്ഷെ നമുക്ക് കർമ്മത്തിന്റെ ഫലം കിട്ടാനായിട്ട് ഇന്ന ദേവതകളെ ഉപാസിക്കുക എന്നുള്ളത് ലോകത്തിൽ സഹജമാണ് അതുകൊണ്ട് ആഗ്രഹ നിവൃത്തി ഉണ്ടാവും ഫലസിദ്ധി ഉണ്ടാവും ദേവതകളും അതാത് ഫലം തരും ഈ ജീവൻ ചോദിക്കുന്ന ഫലം തരും നമ്മളുടെ ആഗ്രഹം തന്നെ മൂർത്തി ഭവിച്ചതാണ് ദേവതകൾ അഥവാ ആ ദേവതകളുടെ തന്നെ ഇപ്പോ നമ്മളുടെ ആഗ്രഹത്തിനെ ഒരു ബിസിനസ്സുകാരൻ സപ്ലൈ ചെയ്യുന്നു നമുക്ക് ഇന്നത് വേണമെന്നുള്ളപ്പോ അതൊക്കെ സപ്ലൈ ചെയ്യുന്ന ആള് ആ ബിസിനസ്സുകാർ പിന്നെ ആ ബിസിനസിന്റെ ആള് നമ്മളുടെ ആഗ്രഹത്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് അയാളുടെ ബിസിനസ് നടക്കണത് വ്യാപാരം നടക്കണത് അയാൾ നമ്മളിലുള്ള ആഗ്രഹം നിലനിർത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ വ്യാപാരം നടക്കില്ല അതുകൊണ്ട് വ്യാപാരം നടക്കാനായി നമ്മളിലുള്ള ആഗ്രഹം അയാൾ നിലനിർത്തും ആഗ്രഹിക്കും അയാളുടെ വ്യാപാരം കച്ചവടം നന്നായിട്ട് നടക്കും ഇതേപോലെ ഈ ദേവതകൾ മനുഷ്യനെയും പിടിച്ചു എന്നാണ് ആഗ്രഹിപ്പിക്കുകയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയും ഗ്രഹിപ്പിക്കുകയും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുകയുമായിട്ട് അങ്ങനെ ദേവതകളും മനുഷ്യനെയും ഒക്കെ പിടിച്ചു വെക്കും എത്ര ദേവതാ ഭജനത്തിൽ നിന്നും കടന്ന് ഈശ്വര ഭജനത്തിലേക്ക് വരുമ്പോഴാണ് അതിന് ഭക്തി എന്ന് പേര് ദേവതാ ഭജനം ഭക്തിയല്ല ദേവതാഭജനം നമ്മൾ വാസ്തവത്തിൽ ദേവതയെ അല്ല ഭജിക്കുന്നത് നമ്മളുടെ ആഗ്രഹത്തിനെയാണോ ഭജിക്കണത് നമ്മൾ നമ്മളുടെ ആഗ്രഹത്തിന്റെ ഭക്തന്മാരാണ് ദേവതയുടെ ഭക്തന്മാരല്ല ആഗ്രഹത്തിനാണോ ഇമ്പോർട്ടൻസ് ദേവതക്കാണോ ആഗ്രഹത്തിനാണോ അത് നടത്തി തരാൻ ഒരാൾ മാത്രമാണ് ദേവത അപ്പൊ നമ്മൾ ആഗ്രഹത്തിന്റെ ഡെവോട്ടീസാണ് ആഗ്രഹത്തിന്റെ ഭക്തന്മാരാണ് ദേവതയുടെ ഭക്തന്മാരല്ല ആ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സാധിപ്പിച്ചു ചെയ്യുന്നിടത്തോളം അത് നികൃഷ്ടമാണ് വാസ്തവത്തിലുള്ള ഭക്തി ആയില്ല പക്ഷെ ഈ ആഗ്രഹിക്കൽ എങ്ങനെ വന്നു മനുഷ്യന് സ്വഭാവത്തിൽ നിന്നാണ് വരുന്നത് കർമ്മം സ്വഭാവത്തിൽ നിന്നാണ് സ്വഭാവത്തിനനുസരിച്ചാണ് നാല് വർണ്ണങ്ങളും ഇവിടെ ഉണ്ടായത് വർണാശ്രമം ഇവിടെ ഉണ്ടായത് സ്വഭാവത്തിനനുസരിച്ചാണ് ഭഗവാൻ തന്നെ പറയണു നാല് വർണ്ണങ്ങളായി ഞാൻ തന്നെ ഇവിടെ സൃഷ്ടിച്ചു ഈ നാല് വർണ്ണങ്ങൾ എല്ലായിടത്തും ഉണ്ട് മനുഷ്യന്റെ പ്രകൃതിയാണത് അതാണ് അടുത്ത ശ്ലോകം നോക്കാം ചാതുവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശമപി മാം വിദ്യകർത്താരം അഭ്യയം ഗുണവിഭാഗശഹ കർമ്മവിഭാഗശഹം ചാതുർവണ്യം ഈശ്വരേണ ഗുണത്തിനനുസരിച്ചും കർമ്മത്തിനനുസരിച്ചും നാല് വർണ്ണങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു ആരംഭം മുതൽ ഭഗവാൻ ഇവിടെ നാല് വർണ്ണങ്ങളെ ഉണ്ടാക്കി വച്ചു എന്നാണ് പറയണത് പക്ഷെ വർണ്ണങ്ങളൊക്കെ പറയണതിന് മുമ്പത്തെ ശ്ലോകം ശ്രദ്ധിക്കണം കാംക്ഷന്ത കർമ്മണം സിദ്ധ്യം यजंत देवता क्षिप्रम हिमाषे लोके कर्मज अ्लोक श्रद्धि अगने वे श्लोक व्याख्यान अड़ श्लोक नमां कर्माणी लिंपंति नमे कर्म फले स्पृहजा कर्मिर्न साम कर्मणाम सिद्धि कर्मिकाइट कर्मी कर्मयोगी अल കർമ്മം ചെയ്യുകയും അതിന്റെ ഫലം ഇച്ഛിക്കുകയും ചെയ്യുന്നവർ നാല് കാറ്റഗറിയിൽ പെട്ടവരാണ് അവര് ദേവതായജനവും ഒക്കെ ചെയ്യുന്ന ഈ വർ നാല് കാറ്റഗറിയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അവരെയാണ് ചാതുർവർണ്ണയം എന്ന് പറഞ്ഞത് ഭഗവാൻ ഈ രണ്ട് ശ്ലോകത്തിന് നടുവിലിരിക്കുന്ന ശ്ലോകമായതുകൊണ്ട് പൂർവാപരം നോക്കാതെ വ്യാഖ്യാനിക്കരുത് കം ക്ഷന്ത കർമ്മണം സിദ്ധിം ചാതുർവർണ്ണയം അയാസൃഷ്ടം കർമ്മത്തിന്റെ ഫലത്തിനെ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് അവർ വർണ്ണാശ്രമത്തിൽ ബന്ധപ്പെട്ടുകിടക്കും നമാം കർമാണി ലിംപന്തീ നമേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യോഭിനാജാനാതി കർമ്മഭിന്ന സ്ലോകം കൂടെ ചൊല്ലാം നമാം ലിംപന്തോഭിജാനാതീ കർമ്മഭിന്ന സബദ്ധ്യതേ ഈ ചാതുർവർണ്യം വളരെ ഊരാക്കൊടുക്കാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും ഞാൻ ബ്രാഹ്മണ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ ജാതിയെ സ്ഥാപിക്കാനാണെന്ന് പറയും അബ്രാഹ്മണ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞാൽ ബ്രാഹ്മണ വിദ്വേഷമാണെന്ന് പറയും എന്ത് പറഞ്ഞാലും ആളുകൾ കുറ്റം പറയും ആവശ്യമില്ലാത്തൊരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് ഇതിനെ കുറിച്ച ഡിസ്കഷനെ ആവശ്യമല്ല വർണ്ണം ആശ്രമം ജാതി മനുഷ്യൻ മൃഗം മുതലായിട്ടുള്ള എല്ലാ ഭേദങ്ങളും ശരീരത്തിനെ ആശ്രയിച്ചുണ്ടായതാണ് ശരീര അഭിമാനമുള്ള ആള് ഏതിലെങ്കിലും ഒരു ക്ലാസിഫിക്കേഷനിൽ പെടാതിരിക്കില്ല അതുകൊണ്ട് ഇവിടെ ജാതിയോ വംശമോ ക്ലാസിഫിക്കേഷനോ ഇല്ലാത്ത ഒരാള് പോലും ഈ പ്രപഞ്ചത്തിലില്ല ദേഹം ഞാനാണെന്ന് ധരിച്ചിരിക്കുന്നിടത്തോളം ജാതിയോ മതമോ വംശമോ പാർട്ടിയോ രാഷ്ട്രീയമോ നാഷനാലിറ്റിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്തെങ്കിലും ഒന്നും മതി ചണ്ടകൂടാനും അഭിമാനിക്കാനും വെറുക്കാനും ഒക്കെ അതിനിപ്പോ ചാതുർ വർണ്ണയം വേണമെന്നൊന്നുമില്ലേ ചാതുർവർണ്ണയം എടുത്തു കളഞ്ഞപ്പോ നാടു മുഴുവൻ സമാധാനം അയ്യോ കോൺഗ്രസ്സുകാരും ഒക്കെ കൂടെ അടിക്കുന്നു കേരളക്കാരും തമിഴ്നാട്ടുകാരും കൂടെ അടിക്കുന്നു കർണാടകക്കാരും തമിഴ്നാടുകാരും കൂടെ അടിക്കുന്നു കാശ്മീരും പാകിസ്ഥാനും കൂടെ തല്ലുന്നു ഇന്ത്യയും പാകിസ്ഥാനും കൂടെ തല്ലുന്നു അമേരിക്കയും ഗൾഫ് രാജ്യങ്ങളും കൂടെ യുദ്ധം ചെയ്യുന്നു ഇതൊക്കെ ഇപ്പോൾ കൊണ്ടാണോ യുദ്ധം പാശ്ചാത്യദേശങ്ങളിൽ ഇതിനേക്കാളും നികൃഷ്ടമായ വർണ്ണഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു നീഗ്രോക്കളെയൊക്കെ അടിമയാക്കി വയ്ക്കുക മനുഷ്യൻ ശരീരം ഞാനാണെന്ന് ധരിക്കുന്നിടത്തോളം കാലം മറ്റ് ശരീരങ്ങളുമായി അവന് വിരോധം ഉണ്ടാവുകയും ഉയർന്നതാണ് ഞാനെന്നോ നീചമാണ് ഞാനെന്നുള്ള ഭാവം ഉണ്ടാവുകയും പരസ്പരം രാഗവും ദ്വേഷവും ഉണ്ടാവുകയും ഒക്കെ ചെയ്യും ദേഹാഭിമാനം ഉള്ളത്തോളം കാലം ഇതൊന്ന് രക്ഷപ്പെടാൻ ജാതി നീതി കുലഗോത്ര ദൂരകം നാമരൂപ ഗുണദോഷ വർജിതം ദേശകാല വിഷയാധിപർത്തിയ ബ്രഹ്മ തത്വമസിഭാവയാത്മനി ശങ്കരാചാര്യരുടെ മേലെയാണ് ഏറ്റവും അധികം പഴി കേരളത്തിൽ ശങ്കരാചാര്യർ ഇവിടെ ജാതി ഉണ്ടാക്കി എന്നൊക്കെയാണ് നാരായണ ഗുരുവാണ് എടുത്തു കളഞ്ഞത് ഇപ്പൊ ഏറ്റവും അധികം ജാതി ഉള്ളത് അവിടെയാണ് ഒന്നും നീക്കം ചെയ്യാൻ പറ്റില്ല അവിടെ നാരായണ ഗുരുസ്വാമിയൊക്കെ നീക്കം ചെയ്തിട്ട് നീങ്ങിയോ ഒന്നും നീങ്ങില്ല ഒന്നും നീങ്ങില്ല അവിടെ നീങ്ങി എന്ന് നമുക്ക് തോന്നും തലയിലുള്ള സൂക്കട് കാലിലേക്ക് വരും കാലിലുള്ള സൂക്കഡ് തലയിലേക്ക് പോകും എന്നല്ലാതൊന്നും നിങ്ങില്ല ശങ്കരാചാര്യർ തന്നെ പറയണതാണ് ചിത്വാ ജാതികുലാശ്രമേഷു അഭിമതി മുൻജാതി ദൂരാത്രിയാ ആശാംചിന്ധി വിഷോഭമേഷു വിഷയേഷു ഏശൈവ മൃത്യോ കൃതി ആരെടുത്താ പറയണത് നീ ആത്മസാക്ഷാത്കാരം നേടാൻ യോഗ്യനാണെങ്കിൽ ജാതി കുലം ആശ്രമം എല്ലാത്തിനോടുള്ള അഭിമാനത്തിനെയും ഉപേക്ഷിച്ച് ദേഹമാണെന്നുള്ള അഭിമാനം തന്നെ തള്ളിക്കളഞ്ഞ് ആത്മാവാണെന്ന് ധ്യാനിക്കും ഇതൊക്കെ തടസ്സമാണ് സ്ത്രീ ആണോ പുരുഷനാണെന്നുള്ള വിചാരം പോലും തടസ്സമാണ് തള്ളിക്കളഞ്ഞ് ഉള്ളിലുള്ള ആത്മാവിനെ ധ്യാനിക്കും ആത്മജ്ഞാനത്തിന് നീ തയ്യാറല്ലെങ്കിൽ നിനക്ക് എന്ത് വേഷമുണ്ടോ ആ വേഷം അതുപടി ഭംഗിയായിട്ട് ചെയ്യുക ബ്രാഹ്മണനാണോ ബ്രാഹ്മണനായിട്ട് ക്ഷത്രിയനാണോ ക്ഷത്രിയനായിട്ട് വൈശ്യനാണോ വൈശ്യനായിട്ട് ശൂദ്രനാണോ ശൂദ്രനായിട്ട് ഒന്നും നികൃഷ്ടവുമല്ല ഒന്നും ഉയർന്നതുമല്ല നിനക്ക് എന്തെന്ത് കിട്ടിയിട്ടുണ്ടോ അതിനനുസരിച്ച് നാടകം കളിച്ചോളുക നിനക്ക് ഈ സമബുദ്ധി വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിൽ സമബുദ്ധി വരില്ല ഒരു സോഷ്യലിസം കൊണ്ടും ഒരു കാരണം സമബുദ്ധി കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല വലിയ ഓഫീസേഴ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് അവരവരുടെ കമ്പനിയിലും ഓഫീസിലും ഒക്കെ ഒന്ന് സമബുദ്ധി ഒന്നൊന്നും ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്ത് നോക്കട്ടെ ഒരു വ്യാപാരവും നടക്കില്ല സ്കൂൾ ടീച്ചേഴ്സൊക്കെ ഉണ്ട് അവര് സ്കൂളിൽ കുട്ടികളും മാഷന്മാരും പ്രിൻസിപ്പലും ഒക്കെ സമമാണെന്നൊന്നും നാളെ ഒന്ന് ചെയ്ത് നോക്കട്ടെ ലോക വ്യവഹാരം ദ്വൈതത്തിലാണ് നിക്കുന്നത് ഇല്ലെങ്കിൽ ലോകവ്യവഹാരമില്ല നിങ്ങൾക്ക് ദ്വൈതം പിടിച്ചിട്ടില്ലെങ്കിൽ ലോക ഉപേക്ഷിക്കണം നിങ്ങൾക്ക് സമബുദ്ധി വേണമെന്ന് അത്ര കണ്ട ആഗ്രഹം ഉണ്ടെങ്കിൽ ലോകവ്യവഹാരത്തിന് ഉപേക്ഷിച്ചാൽ സമബുദ്ധി വരും അപ്പൊ എല്ലാവരിലും സമമായി കാണാൻ പറ്റും അപ്പൊ ജാതിയും ഇല്ല മതവുമില്ല സ്ത്രീ പുരുഷ ഭേദവും ഇല്ല ഉച്ചനീജഭാവവും ഇല്ല പണക്കാരനും ഇല്ല എല്ലാവരിലും ഒരേ ഭഗവാനുണ്ട് എന്ന് കാണാൻ പറ്റും പക്ഷെ ഇത് അവ്യവഹാരിയമായ ഒരു തലമാണ് ഇത് വെച്ചുകൊണ്ട് വ്യവഹരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് വ്യവഹരിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ വ്യവഹരിക്കുന്ന സമൂഹം അജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാണ് ഇവിടെ അജ്ഞാനമില്ലെങ്കിൽ സമൂഹത്തിൽ വ്യവഹരിക്കാൻ പറ്റില്ല ജ്ഞാനവും വെച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല സമൂഹവും സമൂഹത്തിന്റെ നിയമങ്ങളും അജ്ഞാനമാകുന്ന ഇഷ്ടിക കൊണ്ട് കെട്ടി അതുകൊണ്ട് സമൂഹത്തിന്റെ ഉള്ളിൽ ജ്ഞാനത്തിനെ കൊണ്ടുവന്നാൽ ഫലിക്കില്ല ഭാവനക്ക് സുഖം തോന്നും എല്ലാരും സമമായിരിക്കണം കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും ഒക്കെ അതാണ് ശ്രമിച്ചത് എല്ലാരും സമമാവണം എല്ലാവർക്കും ഒരേപോലെ ശമ്പളം ഒരേപോലെ വസ്ത്രം ഒരേപോലെ ആഹാരം ശരിയാവില്ല അപ്പോ ശരീരത്തിന്റെ മണ്ഡലത്തിൽ ശരീരത്തിൽ നമ്മളെ എവിടെ നിർത്തിയിരിക്കുന്നു അവിടെ ശരീരം ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിനെ തരണം ചെയ്യണം ട്രാൻസ് ആണ് വ്യാഖ്യാതാക്കൾ മുഴുവൻ മലയാളത്തിലുള്ള പ്രസിദ്ധമായ ഗംഭീരമായ വ്യാഖ്യാനങ്ങൾ മുഴുവൻ ഈ ശ്ലോകത്തിൽ ക്ഷത്രിയൻ ബ്രാഹ്മണനാവാമെന്നും വൈശ്യനും ശൂദ്രനുമൊക്കെ ബ്രാഹ്മണനാവാമെന്നും വ്യാഖ്യാനിച്ചു വെച്ചിട്ടുണ്ട് ആ വ്യാഖ്യാനം വളരെ അനുമോദനീയമായിട്ട് പലരും ധരിച്ചിട്ടുണ്ട് പക്ഷെ ആ വ്യാഖ്യാനത്തിൽ ഒരു കുഴപ്പമുണ്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല ഈ വ്യാഖ്യാനിച്ചവർക്കൊക്കെ അവരറിയാതെ ബ്രാഹ്മണനായാൽ മാത്രമേ മുക്തിയുള്ളൂ എന്നുള്ള ഒരു ധാരണ അവരുടെ പുറകിലുണ്ട് അപ്പൊ ഞാൻ വൈശ്യനായ ഞാൻ ബ്രാഹ്മണനായ ശേഷമേ മുക്തി ഉള്ളൂന്ന് ഇതിൽ വ്യാഖ്യാനത്തിൽ വന്നു ആ അബദ്ധ ധാരണ വേണ്ടേ വേണ്ട ഭഗവാൻ പറയണത് നീ വർണ്ണത്തിൽ എവിടെ കടന്നാലും ഒന്നിൽ ആ വർണ്ണത്തിനനുസരിച്ച് പ്രവർത്തിക്കുക അല്ല നനക്ക് ഈ വർണ്ണ ആശ്രമ ബന്ധങ്ങളിൽ കുടുങ്ങി കിടക്കണ്ട എന്നുണ്ടെങ്കിൽ എവിടെ കിടക്കുന്നു അവിടുന്ന് പുറത്ത് ചാടാം അവിടുന്ന് പുറത്ത് ചാടാം അവർണിയായിട്ട് തീരാം എന്ന് വെച്ചാൽ അവർണി എന്ന് വെച്ചാൽ ഞാൻ വർണ്ണത്തിൽ പെടാത്തവനൊന്നൊരു പ്രത്യേക ക്ലാസ് അല്ല ശരീരാഭിമാനമില്ലാത്തവനായിട്ട് തീരാം ജ്ഞാനിയായിട്ട് തീരാം ശൂദ്രനും ജ്ഞാനിയാവാം ക്ഷത്രിയനും ജ്ഞാനിയാവാം വൈശ്യനും ഞാനിയാവാം ബ്രാഹ്മണനും ജ്ഞാനിയാവാം ജ്ഞാനത്തിൽ ആർക്കും വിഘ്നമല്ല ഇത് ജ്ഞാനശാസ്ത്രമാണ് ഇത് സമൂഹ നിയമം ഉണ്ടാക്കുന്ന ശാസ്ത്രം അല്ല ഭഗവത്ഗീത സമൂഹ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ സമൂഹ നിയമം എല്ലാ നിയമങ്ങളും ഒന്നും വിടാത്ത നിയമങ്ങളും അജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാണ് അതുകൊണ്ട് സമൂഹത്തിനും ബ്രഹ്മവിദ്യക്കും കൂടി ചേർന്ന് പോല കിച്ച് ജ്ഞാനീ സമൂഹവുമായി ഒരു അഡ്ജസ്റ്റ്മെന്റിന് പോയി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോവാമെന്നല്ലാതെ സമൂഹത്തിനോട് കൂടി ചേരാൻ പറ്റില്ല അവരുടെ അജ്ഞാനത്തിന് അനുവദിച്ചു കൊടുത്തോളൂ എന്നാണ് ഭഗവാൻ പറയുന്നത് ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസങ്കീനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ അവര് നേരെ പോയിപ്പോ അവർ ചെയ്യണത് തെറ്റാണെന്നൊന്നും പറയണ്ട അങ്ങനെ പോട്ടെ കാരണം ഇതിനെക്കാളുമ്പോ ബെറ്ററായിട്ടൊന്നും കൊടുക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് അവർ ഇരിക്കുന്ന അടുത്ത് ഇരിക്കട്ടെ അപ്പൊ സമൂഹ നിയമങ്ങളെ മാറ്റാനായിട്ടല്ല ഭഗവാൻ ഇവിടെ പറയണത് നാല് വർണ്ണങ്ങളും ബ്രാഹ്മണൻ ഇതിന്റെ സ്വഭാവങ്ങളൊക്കെ ഇനി അവസാനം പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ബ്രാഹ്മണൻ ആരാണ് അയാൾക്ക് എന്താ ലക്ഷണം ക്ഷത്രിയൻ എന്താ ലക്ഷണം വൈശ്യൻ എന്താ ലക്ഷണം ശൂദ്രൻ എന്താ ലക്ഷണം ഇതൊക്കെ ആന്തരിക ലക്ഷണങ്ങളാണ് സ്വഭാവം ആ സ്വഭാവം വെച്ച് നമ്മൾ നോക്കുമ്പോ ചിലപ്പോ സത്യമാണ് ബ്രാഹ്മണ വംശത്തിനിടയിലും ശൂദ്രനും ക്ഷത്രിയനും ഒക്കെ ക്ഷത്രിയ വംശത്തിനിടയിൽ ബ്രാഹ്മണ സ്വഭാവമുള്ള ആളുണ്ടാവും വൈശ്യനും ശൂദ്രനടയിലും ബ്രാഹ്മണ സ്വഭാവമുള്ള ആളുണ്ടാവും എല്ലാം പരന്ന് കലർന്നിരിക്കണുണ്ടാവും പക്ഷെ ആ കലർന്നൊന്ന് ആർക്ക് തീരുമാനിക്കാൻ പറ്റും ആന്തരികമായി പാർക്കിങ്ങിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ഇന്നയാൾ ബ്രാഹ്മണനാണെങ്കിൽ ഈ കൺഫ്യൂഷനാണോ ലോക നിയമമേ അതുകൊണ്ട് ലോകത്തിൽ ഈ കലർന്നുകൂടി ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുമില്ല കഷ്ടിച്ച് ഭഗവാൻ പറഞ്ഞിവിടെ നാല് വർണ്ണങ്ങളുമുണ്ട് പക്ഷേ നവർണ്ണാഹ നവർണ്ണാശ്രമാചാര ധർമാ നമേ ധാരണാധ്യാന യോഗാദയോപി അതാണ് സത്യം വർണ്ണമോ ആശ്രമമോ ആത്മാവിനെ സ്പർശിക്കുന്നില്ല എന്നറിഞ്ഞ് ആർക്ക് കർത്തൃത്വ അഭിമാനമുണ്ടോ ആര് കർമ്മത്തിൽ സക്തനാണോ ആ ഒരു സ്വഭാവത്തിനെ താനെന്ന് ധരിച്ചിരിക്കുന്നു പ്രകൃതിയെ താനെന്ന് ധരിച്ചിരിക്കുന്നു അവനാണ് ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ആവുന്നത് ഒരു നമാം കർമാണി ലിമ്പന്തി നമേ കർമ്മഫലേ സ്പൃഹ എനിക്ക് കർമ്മഫലത്തിൽ ആഗ്രഹമില്ലെന്നും ഒരു കർമ്മവും എന്നെ സ്പർശിക്കില്ലെന്നും പ്രകൃതിയോടെ എനിക്ക് സംബന്ധമില്ലെന്നും ആര് നല്ലവണ്ണം അറിഞ്ഞിരിക്കുന്നു കർമ്മഭിർണസ്യതീ എന്നുള്ള വാക്കിനിവിടെ അർത്ഥം പ്രകൃതി കൊണ്ട് അവൻ ബന്ധിക്കപ്പെടുന്നില്ല ചാതുർവർണ്ണയം കൊണ്ട് അവൻ ബന്ധിക്കപ്പെടുന്നില്ല അയാൾക്ക് ബ്രാഹ്മണന്റെ കർമ്മമോ ക്ഷമമോ വൈശ്യന്റെ കർമ്മമോ ശൂദ്രന്റെ കർമ്മമോ അയാളെ സ്പർശിക്കുന്നില്ല എപ്പോ അയാൾ തത്വമറിഞ്ഞുവോ അപ്പോ അതാണ് ഹസ്താമലകൻ പറഞ്ഞത് നാഹം മനുഷ്യോ നവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാഹ ന ബ്രഹ്മചാരി നഗി ഹം നിജബോധരൂപ ഞാൻ ബ്രാഹ്മണനല്ല ക്ഷത്രിയനല്ല വൈശ്യനല്ല ശൂദ്രനല്ല ബ്രഹ്മചാരിയല്ല ഗൃഹസ്ഥനല്ല വാനപ്രസ്ഥനല്ല സന്യാസിയല്ല യക്ഷനോ ഗന്ധർവ്വനോ ഒന്നും തന്നെയല്ല പിന്നെയോ നിജബോധരൂപ ശുദ്ധമായ ബോധസ്വരൂപമാണ് ഞാൻ ആത്മാവാണ് ഞാൻ ഈ അനുഭൂതി ആർക്കൊണ്ടോ അവനൊരു ക്ലാസിഫിക്കേഷനിലും പെടില്ല അവനേ ഒരു കർമ്മവും സ്പർശിക്കില്ല നമാം കർമാണി ലിംപന്തി നമേ കർമ്മഫലേ സ്പൃഹ അയാൾക്ക് ക്ഷാത്രഭാവമില്ല അയാൾക്ക് ബ്രാഹ്മഭാവമില്ല അയാൾക്ക് വൈശ്യഭാവം അയാൾക്ക് ശൂദ്രഭാവമില്ല ഇനി വർണ്ണക്രമം അനുസരിച്ചൊരു ജാതിയുണ്ട് വൈദിക സമ്പ്രദായത്തിൽ അതും കൂടെ പറഞ്ഞിട്ടടുത്തേക്ക് പോവാം വൈദിക സമ്പ്രദായത്തിൽ ഒരു ജാതിയുണ്ട് വേദം വേദക്രമം ശബ്ദം ഉച്ചരിക്കുന്ന ശബ്ദം തന്നെ ബ്രാഹ്മമോ ക്ഷാത്രമോ വൈശ്യമോ ശൂദ്രമോ ആവാം ഒരു ശബ്ദം വർണ്ണക്രമം അങ്ങനെയാണ് പറയാ ഒരേ ഒരു മന്ത്രം എടുത്തിട്ട് ആ മന്ത്രത്തിനെ ചൊല്ലിയിട്ട് വർണ്ണക്രമം ചൊല്ലും ആ വർണ്ണക്രമത്തിൽ ക്ഷത്രിയ ശബ്ദം എന്നുള്ള ഒരു വാക്ക് വാക്ക് ബ്രാഹ്മമോ ക്ഷാത്രമോ വൈശ്യമോ ശൂദ്രമോ ആവാം എങ്ങനെയെന്നു വെച്ചാൽ ഞാൻ ഉച്ചരിക്കുന്ന ശബ്ദം ആ എന്നുള്ള ശബ്ദം നിങ്ങൾക്ക് അറിവുണ്ടാവണം എന്നുള്ള ഭാവത്തോടു കൂടിയാണ് ഞാൻ ഉച്ചരിക്കുന്നതെങ്കിൽ ബ്രാഹ്മമായി നിങ്ങളോടുള്ള വീര്യഭാവത്തോടു കൂടെ നിങ്ങളെ അടക്കി ഭരിക്കാനോ നിങ്ങൾക്ക് ആജ്ഞ നൽകാനോ വേണ്ടിയിട്ടാണ് ഞാൻ ആ എന്ന് പറയണതെങ്കിൽ അത് ക്ഷാത്രമായി ഒരേ ശബ്ദം നിങ്ങളിൽ നിന്ന് വലതുമൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ശബ്ദം പ്രയോഗിക്കുന്നതെങ്കിൽ ആ ശബ്ദം വൈശ്യമായി നിങ്ങളുടെ അടിമഭാവത്തോടുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചരണം ചെയ്യാൻ വേണ്ടി ഒരു ശബ്ദം പ്രയോഗിച്ചാൽ ശൂദ്രമായി അപ്പൊ ശബ്ദത്തിൽ ഈ നാല് വർണ്ണങ്ങളും ഉണ്ട് ഈ നാല് വർണ്ണങ്ങളുടെയും കറപ്ഷൻ ഇല്ലാതെ ശുദ്ധമായ ചിത്തിൽ നിന്നു വരുന്ന ശബ്ദത്തിനെയാണ് നമ്മൾ ഇന്നലെ സ്ഫോടം ധ്വനി എന്നൊക്കെ പറഞ്ഞത് ആ ശബ്ദത്തിന് കേൾക്കുന്ന ആൾക്ക് ആത്മാനുഭവം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശക്തിയുണ്ട് അത് ഔപനിഷതമാണ് ആ ശബ്ദം അത് ഔപനിഷതമായ ശബ്ദമാണ് ആ ശബ്ദം വർണ്ണക്രമം വർണ്ണത്തിൽ അങ്ങനെയും വർണ്ണത്തിന് അർത്ഥമുണ്ട് അപ്പോ ഈ ബ്രാഹ്മം ക്ഷാത്രം വൈശ്യം ശൂദ്രം എന്നുള്ളത് മനുഷ്യ മനസ്സ് സ്വഭാവത്തിൽ തന്നെ ഇഴുകിച്ചേർന്നിട്ടുള്ള ചില തലങ്ങളുമാണ് ഇതിനെയൊക്കെ ഒരു മനുഷ്യന് തരണം ചെയ്യാം ആത്മജ്ഞാനം കൊണ്ട് തരണം ചെയ്യാം ആത്മസാക്ഷാത്കാരം കൊണ്ട് തരണം ചെയ്യാം ആത്മസാക്ഷാത്കൃതനായ ഒരു ജ്ഞാനി എവിടെ അവിടെ പോയി നിന്നും വീണ് നമസ്കരിച്ച് ജ്ഞാനോപദേശം വാങ്ങിച്ചുകൊള്ളുക എന്നാണ് ജ്ഞാനശാസ്ത്രങ്ങളുടെ ഉപദേശം അവിടെ വർണ്ണമോ ആശ്രമമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല വർണ്ണം ആശ്രമം ജാതിയൊക്കെ സമൂഹ നിയമങ്ങളാണ് സമൂഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ എന്തിലെങ്കിലും ഒക്കെ പെടും പക്ഷേ സമൂഹത്തിൽ നമുക്ക് സൗകര്യത്തിന് വേണ്ടി അംഗീകരിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ കണ്ടീഷനിങ്സ് ആയിട്ട് മാറി വേദാന്ത ഭാഷയിൽ പറഞ്ഞാൽ അധ്യാസമായിട്ട് മാറി ആത്മജ്ഞാനത്തിന് തടസ്സമായിട്ട് നിൽക്കും സമൂഹത്തിൽ എന്തെങ്കിലും അംഗീകരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഏതെങ്കിലും ഒരു നമ്മൾ ജനിച്ച സമൂഹത്തിന്റെ കുറെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവും അതിനനുസരിച്ച് നമുക്ക് പുറത്ത് ചാടാൻ പറ്റാതെ ആ സ്വഭാവത്തിലിരിക്കും പക്ഷെ അതിനെ എന്റേതാണെന്നും ഞാനാണെന്നും അഭിമാനിച്ചു കഴിയുമ്പോ അത് എനിക്ക് ശുദ്ധമായ ജ്ഞാനത്തിന് ആത്മാനുഭവത്തിന് വിഘ്നമായിട്ട് തരും നമ്മൾ എപ്പോഴും നമ്മളുടെ കണ്ടീഷനിങ്ങിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക ലോകത്തില് ഞാനിപ്പോ ബ്രാഹ്മണൻ എന്നുള്ള ഒരു കണ്ടീഷനിങ്ങിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക ഒരു ക്ഷത്രിയൻ എന്നുള്ള കണ്ടീഷനിങ്ങിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുക ഈ കണ്ടീഷനിംഗിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടും അതിനാണ് ഭഗവാൻ പറഞ്ഞത് ആ കർമ്മത്തിന്റെ ഫലത്തിൽ ആഗ്രഹമില്ലെങ്കിൽ കർമ്മത്തിനോട് പറ്റിക്കൂടാതെ സാക്ഷി മാത്രമായി നിന്നുകൊണ്ട് ആരു മാറുന്നുവോ അവൻ കർമ്മഭിന്ന സബദ്ധ്യത അവൻ ബ്രാഹ്മണന്റെ കർമ്മം ചെയ്താലും ക്ഷത്രിയന്റെ കർമ്മം ചെയ്താലും വൈശ്യന്റെ കർമ്മം ചെയ്താലും ശൂദ്രന്റെ കർമ്മം ചെയ്താലും അവൻ കർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടില്ല അതല്ലാതെ ക്ഷത്രിയൻ ബ്രാഹ്മണനാവാനോ വൈശ്യൻ ബ്രാഹ്മണനാവാനോ ക്ഷത്രിയനാവാനോ ഒക്കെ ശ്രമിച്ചാൽ വെറുതെ സമയം കളയലാണ് ഐഡന്റിഫിക്കേഷൻ ഉള്ളത്തോളം കാലം ഏത് കർമ്മവും ബന്ധിക്കും ബ്രാഹ്മണന്റെ കർമ്മവും ബന്ധിക്കും ക്ഷത്രിയന്റെ കർമ്മവും ബന്ധിക്കും വൈശ്യന്റെ കർമ്മവും ബന്ധിക്കും ശൂദ്രന്റെ കർമ്മവും ബന്ധിക്കും അതുകൊണ്ട് അറിവുള്ളവർ അവരേതേത് തലത്തിലിരിക്കുന്നു അതാത് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ജ്ഞാനികളാവാം അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നിട്ടുണ്ട് പൂർവകാലത്തിൽ എത്രയോ പേരുണ്ടായിരുന്നിട്ടുണ്ട് അവരവരെ എന്തെന്ത് പണി ചെയ്തു ചെയ്തുകൊണ്ട് തന്നെ ജ്ഞാനികളായിരുന്നു അവരെവിടെ എവിടെ ഉണ്ടോ അവിടെ എവിടെ മഹാരാഷ്ട്രത്തിലെ എത്രയോ മഹാത്മാക്കളോ ഉണ്ടായി ഒരാളും അവരുടെ കുലത്തൊഴിലും ഒന്നും വിട്ടില്ല എന്റെ കുലത്തൊഴിൽ വേറെ ഒരാളുടെ കുലത്തൊഴിൽ വലുതാണെന്നും ധരിക്കുമ്പോഴല്ലേ ഇത് ഉപേക്ഷിച്ച് അങ്ങോട്ട് പോണത് തൊഴിലും വലുതല്ല ഈ ലോകത്തില് ഒരു തൊഴിലിനും ഒരു പ്രത്യേകതയും എല്ലാ തൊഴിലും സമൂഹത്തിൽ പരസ്പരം കൊടുത്ത് വാങ്ങിച്ച് ജീവിക്കാൻ വേണ്ടി അഭിമാനം മാത്രമാണ് ഇതിൽ വലുതും ചെറുതും ഒക്കെ ആ അഭിമാനത്തിനെ വിട്ട് ഏതെങ്കിലും ഒരു തൊഴിൽ തൊഴിൽ എന്തിന് ചെയ്യണം അല്പം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അറിയാം തൊഴിലിന് ഇത്രേ അർത്ഥമുള്ളൂ എന്നെ ബന്ധിക്കാതിരിക്കണം ഊൺ കഴിക്കണം ജീവിക്കണം ഊണ് കഴിക്കണമെങ്കിൽ എന്തു വേണം പഴയ കാലത്താവുമ്പോൾ എന്റെ വീട്ടിലുള്ള വഴിതിരിഞ്ഞ അടുത്ത വീട്ടിൽ കൊടുത്താൽ അവിടുന്ന് നേന്ത്രപ്പഴം തരും ഇവിടുന്ന് ഇത്തിരി അരിവ് കൊടുത്താൽ അവിടുന്ന് ഇത്തിരി പാല് തരും ഇപ്പൊ അത് വഴിയില്ല അപ്പൊ നോട്ട് കൊടുക്കണം നോട്ട് കെടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം ഈ പരസ്പരമ ഭാവ ഭാവനയില്ലാതെ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാരും ഓരോരോ തൊഴിൽ അവരവരുടെ തൊഴിൽ കോൺട്രിബ്യൂഷൻ ചെയ്യണം ഞാനിപ്പോ എങ്ങനെ ഇരുന്ന് പറയണം ഇല്ലെങ്കി എന്റെ വയറ്റപ്പഴപ്പം നടക്കില്ല എല്ലാരും ഓരോരോ തൊഴിൽ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്യണം എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊള്ളണം എന്തെങ്കിലും ഈ ശരീരം ഉള്ളത്തോളം കാലം നട അതിൽ കടന്നു പോകാം അതൊരവസ്ഥയുണ്ട് ഇല്ലാന്ന് പറയണില്ല അതും കടന്നുപോയി ശരീരത്തിനെയെ മറന്ന് ഒരു കർമ്മം സമൂഹത്തിന്റെ ഒരു കർമ്മവും ചെയ്യാതെയും ഇരിക്കാം അത് കർമ്മം വിട്ടുപോകണമാണ് നമ്മൾ വിടലല്ല നമ്മളുടെ കർമ്മത്തിനെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുമ്പോൾ കർമ്മം നമ്മൾക്കൊരു റെസിഗ്നേഷൻ തരും നമ്മൾ കർമ്മത്തിനെ ഉപേക്ഷിക്കുന്നില്ല കർമ്മം പറയും യു ആർ ഫ്രീ ഇനി പോയിക്കോളൂ ആ കർമ്മമായിട്ട് നമുക്ക് റെസിഗ്നേഷൻ തരും അതുവരെ നമ്മൾ ഏതേത് വേഷം കിട്ടിയിട്ടുണ്ടോ അതാത് വേഷം കലയാതെ തന്നെ നിന്നുകൊണ്ട് ആ വേഷത്തിനനുസരിച്ചുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ട് തന്നെ വേഷത്തിനോട് താതാത്മ്യം പ്രാപിക്കാതെ പുറത്തു ചാടുന്നതാണ് ബുദ്ധി അതാണ് ബുദ്ധിശാലിയുടെ ലക്ഷണം അങ്ങനെ ചെയ്യാനാണ് ഭഗവാൻ പറയണത് അതുകൊണ്ട് തസ്യകർത്താരമിമാം വിദ്യ അകർത്താരമവ്യയം ചാതുർവർണ്ണം ഞാൻ സൃഷ്ടിച്ചുവെങ്കിലും അകർത്താരം മാം വിദ്യ എന്നുള്ളതിനർത്ഥം ഈ ചാതുർവർണ്ണത്തിൽ ആത്മാ ആത്മാസമ്പർക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം ഇവിടെ കർത്താരം എന്നൊക്കെ പറയുമ്പോ ഭഗവാനെ ശുദ്ധ ഈശ്വര സ്വരൂപമായി അറിഞ്ഞുകൊള്ളണം ഓരോരുത്തനും ഓരോ ജാതിയിലും വർണ്ണത്തിലും പെട്ടവനാണെങ്കിലും ഒരുത്തനും ഒരു ജാതിയും വർണ്ണവും അയാളുടെ സ്വരൂപത്തിൽ സ്പർശിക്കണില്ല എല്ലാവരും ഭഗവത് സ്വരൂപികളാണ് ശരീരം ഏതെങ്കിലും വംശത്തിലോ ജാതിയിലോ പെട്ടു മനസ് ഓരോ വിധത്തിലും ഉണ്ടായിരിക്കും പ്രകൃതി ഓരോ വിധത്തിലും ഉണ്ടായിരിക്കും പക്ഷെ ഉള്ളിലുള്ള ചേതന ബോധം എല്ലാവരുടെയും സമമാണ് ബ്രാഹ്മണേ പുൽകസേനെ അക്രൂരേ ക്രൂരകേ ജൈവ ഭാഗവത് അങ്ങനെയാണ് പറയണത് ഒരുത്തൻ ക്രൂരനായിരിക്കും ഒരുത്തൻ നല്ല ദയുള്ള ആളായിരിക്കും നമ്മൾ ഇയാള് നല്ല ആള് ഇയാള് ചീത്ത ആള് പറയും രണ്ടിലും ഒരേ ആത്മാവാണ് ഉള്ളത് സമദൃക് പണ്ഡിതോമത ആ സമദർശിത്വം വരാനാണ് ഗീത ഭഗവാൻ ഇങ്ങനെ ഉപദേശം കൊണ്ട് പതുക്കെ കൂട്ടിക്കൊണ്ടുപോണത് അവിടേക്കാണ് അതുകൊണ്ട് ചാതുർവർണ്ണയം ഒക്കെ ഉണ്ടെങ്കിലും ഒരു വർണ്ണവും ആത്മാവിനെ സ്പർശിക്കണില്ല ആത്മാ ബ്രാഹ്മണനുമല്ല ക്ഷത്രിയനുമല്ല വൈശ്യനുമല്ല ശൂദ്രനുമല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭേദമൊക്കെ എവിടെ പോയി ഉറക്കത്തിൽ വല്ല ഭേദമുണ്ടോ ഉറക്കത്തിൽ ഹിന്ദു ഉണ്ടോ ഉറക്കത്തിൽ മുസ്ലിം ഉണ്ടോ ഉറക്കത്തിൽ ക്രിസ്ത്യാനി ഉണ്ടോ ഉറക്കത്തിൽ സ്ത്രീ ഉണ്ടോ പുരുഷനുണ്ടോ ഒന്നുമില്ല മനസ് ഉദിച്ചതും ഒക്കെ പൊന്തി മനസ്സുദിച്ചതും എല്ലാ ഭേദങ്ങളും പൊന്തി അതാണ് സത്യം കണ്ടെത്തിയ ആൾക്ക് എത്ര വിശ്വംഭവത്യേകനീളം വിശ്വം മുഴുവൻ ഒരു മരക്കൊമ്പു പോലെ ആയിത്തീരും ആർക്കാഗ്രഹമില്ലയോ രാഗം ഭയം ക്രോധം എന്നിവയില്ലയോ അയാൾക്ക് സമദർശിത്വം സാധ്യമാകും രാഗം ഭയം ക്രോധമുള്ള ആളുടെ അടുത്ത് എല്ലാ ഒന്നാണെന്ന് പറഞ്ഞാലും അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അത് ഉള്ളൂ ഇപ്പൊ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് ഒരു കാര്യത്തിൽ മാത്രം ഒന്നായിട്ടുണ്ട് കല്യാണം കഴിക്കുന്നത് ബാക്കിയൊന്നും ഒന്നാവണില്ല അതാവട്ടെ കുഴപ്പമില്ല പക്ഷെ ബാക്കി എല്ലാത്തിലും സമദർശിത്വം വരികയാണെങ്കിൽ ആരോടും ദ്വേഷമില്ലായ്മ വരികയാണെങ്കിൽ ആസക്തിയില്ലായ്മ വരികയാണെങ്കിൽ ശാന്തി വരികയാണെങ്കിൽ എന്ത് വേണമെങ്കിലും ആർക്കും ചെയ്തു കൊടുക്കാനുള്ള സ്വഭാവം വരികയാണെങ്കിൽ എല്ലാവരിലും ഭഗവാനുണ്ടെന്നുള്ള അനുഭവം വരികയാണെങ്കിൽ വേണ്ടില്ല അപ്പൊ ഈ സമദർശിത്വം നമ്മളുടെ സൗകര്യത്തിനല്ല സമദർശിത്വം എല്ലാവിധത്തിലും ഉണ്ടാവുകയാണെങ്കിൽ ജീവൻ മുക്തനായി പോവും അതിനാണ് ഭഗവാൻ ഇവിടെ ചാതുർവർണ്യത്തിനെ സൂചിപ്പിച്ചത് ചാതുർവർണ്യം നല്ലതെന്നോ ചീത്തയെന്നോ പറയാനല്ല നമ്മൾ ഈ സമൂഹത്തിലെ നിയമങ്ങളെ ഒരു പറ്റം നിയമങ്ങളെ നല്ലതെന്നും ഒരു പറ്റം നിയമങ്ങളെ ചീത്തയെന്നും പറഞ്ഞ് നമ്മളുടെ ജീവിതം പാഴായി പോകും സമൂഹത്തിൽ ഒരു നിയമവും നല്ലതല്ല ഒരു നിയമവും ചീത്തയുമല്ല എല്ലാ നിയമവും ഓരോ കാലത്തെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് സമൂഹത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു നിയമം ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല ഒരു ഗവൺമെന്റിനും സാധ്യമല്ല ഈ ഗവൺമെന്റ് ഒന്നും ഭരിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കുറച്ചുകൂടെ നന്നായിട്ടിരിക്കും ഇവിടെ നമ്മളെ ഒന്നും ഭരിക്കാനൊന്നും ഒരാളും വേണ്ട പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ കൊറേ കാലമായി ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഭരിച്ചും ഭരിക്കപ്പെട്ടു ഒക്കെ ജീവിച്ചു ഒക്കെ പഴകിപ്പോയി അതുകൊണ്ട് ഇനിയിപ്പോ പുറത്തു ചാടാൻ പറ്റില്ല ഒരു ആർട്ടിഫിഷ്യൽ വേൾഡിലാണ് നമ്മൾ ഇരിക്കുന്നത് അവിടെ ഒന്നും പെർഫെക്റ്റ് ആവില്ല പെർഫെക്റ്റ് ആയ ഒരു നിയമം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ പെർഫെക്ഷൻ ഒരിടത്തേ ഉള്ളൂ വേണോ പെർഫെക്ഷൻ വേണോ ലോകത്തിനെ നോക്കണ്ട ശരീരത്തിനെയും നോക്കണ്ട ഉള്ളിലുള്ള വസ്തുവിനെ നോക്കാതെപ്പോഴും പെർഫെക്റ്റ് ആണ് അതിൽ ഒരു കർമ്മവും സ്പർശിക്കണില്ല സ്വഭാവവും സ്പർശിക്കണില്ല പ്രകൃതിയും സ്പർശിക്കണില്ല ഒരു ദൂഷ്യങ്ങളും അവിടെ സ്പർശിക്കണില്ല ഇത്രയും പറഞ്ഞ് തസ്യ കർത്താരം അഭിമാം വിദ്യ കർത്താരം അവ്യയം നമാം കർമാണി ലിമ്പന്തി നമേ കർമ്മഫലേ സ്പൃഹ ഇതിമാം യോ അഭിജാനാതി കർമ്മഭിർണ്ണ സേ ആരാണോ എന്നെ ഒരു കർമ്മവും സ്പർശിക്കണില്ലെന്നും എനിക്ക് ഒരു കർമ്മഫലത്തിലും ഇച്ഛയില്ലെന്നും ദൃഢമായി ഉള്ള ദർശനത്തോടുകൂടെ ഇരിക്കണത് അയാൾ ഒരു കർമ്മം കൊണ്ടും ബന്ധിക്കപ്പെടില്ല കർമ്മണ നോവർദ്ധത്തെ നോ കനീയാൻ അയാൾ ഒരു കർമ്മം കൊണ്ടും കൂടുകയോ ഒരു കർമ്മം കൊണ്ട് കുറയുകയോ ചെയ്യില്ല അയാൾ എപ്പോഴും പൂർണ്ണനായിട്ടിരിക്കും ആര് കർമ്മഫലകാംക്ഷിയോ ആര് കർത്തൃത്വഭോക്തൃത്വ ബുദ്ധിയോടുകൂടിയുള്ളവനോ അവന് ബന്ധത്തിൽ നിന്ന് വിമുക്തിയുമില്ല അപ്പോ ഇത്രയും പറഞ്ഞ് ഭഗവാൻ പറയണത് അടുത്ത ശ്ലോകം നോക്കൂ യാതം കർമാ പൂർവൈരഭിമുക്ഷു കുരു കർമ്മ തസ്മാ പൂർവ്വൈ പൂർവതരം കൃതം ഏവം ജാത്വാതം കർമ്മ ഇങ്ങനെ അറിഞ്ഞിട്ട് കർമ്മം ചെയ്യപ്പെട്ടു ആരാൽ പൂർവൈഹി അഭിമുക്ഷു ബിഹി പൂർവ്വകാലത്തുള്ള മുമുക്ഷുകൾ മോക്ഷ ഇച്ഛുക്കളായിട്ടുള്ള എത്രയോ പേര് ഈ സീക്രട്ട് അറിഞ്ഞിട്ടാണ് ലോകത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ രഹസ്യം അറിഞ്ഞുകൊണ്ട് അവർ ലോകത്തിൽ പ്രവർത്തിച്ചു കർമ്മം എന്തിനു വേണ്ടി അവർ ചെയ്തു കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്തു കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയത്തെ അർജുന സംഘം തെക്വാ ഫലം ചെയ്വ സത്യാഗ ഇതാണ് സീക്രട്ട് ഒരു കർമ്മം ചെയ്യുന്നു എന്തിനാ ഇതെന്റെ നിയതമാണ് സ്വഭാവവിഹിതമായ ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു സംഘം തെക്വാ അതിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യുന്നു ഫലമോ ഫലത്തിലും കാക്ഷയില്ലാതെ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ അയാളുടെ കർമ്മം ത്യാഗമായിട്ട് മാറും എന്ന് ഭഗവാൻ ത്യാഗലക്ഷണം പറയണ ഒരിടത്ത് അപ്പൊ അങ്ങനെ പൂർവ്വമുമുക്ഷുക്കളൊക്കെ സാധകന്മാരൊക്കെ നമ്മളുടെ മുഖ്യമായ സാധന കർമ്മമാണ് നമ്മൾ കുറച്ചുനേരം ജപം ചെയ്യുന്നതും മെഡിറ്റേഷൻ ചെയ്യുന്നതും പല ആളുകളും ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ചിലരൊക്കെ വന്ന് ചോദിച്ചു ഞാൻ കുറെ ദിവസമായി സാധന ചെയ്യുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു എനിക്ക് എന്താ ഒന്നും ഫലിക്കണില്ല എന്നൊക്കെ ചോദിക്കണ്ട ഫലിക്കാതിരിക്കാൻ കാരണം ജപമോ മെഡിറ്റേഷനോ ഒന്നും സാധനയാവില്ല ഒരു ഉപാസനയും സാധനയല്ല സോപ്പ് തേച്ച് കുളിക്കുന്നത് പോലെയാണോ അതൊക്കെ രാവിലെയും വൈകുന്നേരവും ഇത്തിരി സോപ്പൊക്കെ തേച്ച് മേലൊക്കെ വൃത്തിയാക്കി കുളിക്കണ പോലെ എന്തോ നിങ്ങൾ ചെയ്യുന്നു പക്ഷെ ആ കുളിക്കലെല്ലാം മുഖ്യം അത് കഴിഞ്ഞിട്ട് പകൽ സമയം മുഴുവൻ നിങ്ങൾ രാവിലെ കുറച്ചുനേരം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു വൈകുന്നേരം കുറച്ചു നേരം ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു പക്ഷെ നിങ്ങളുടെ മെയിൻ വൊക്കേഷൻ പ്രധാനമായിട്ടുള്ള ചലനം നിങ്ങളുടെ കർമ്മമാണ് ആ കർമ്മത്തിലാണ് നിങ്ങളുടെ അധ്യാത്മ പുരോഗതിയുടെ രഹസ്യം മുഴുവൻ കിടക്കുന്നത് അവിടെ നിങ്ങൾക്ക് അംബീഷനും വാനിറ്റിയും ടെൻഷനും ഡിപ്രഷനും രാഗവും ദ്വേഷവും ആത്സര്യ ബുദ്ധിയും ഒരു മെഡിറ്റേഷനും ഫലിക്കില്ല കണ്ണു അടച്ച് കുറച്ചുനേരം ഇരിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് എവിടെ വരുന്നു എനിക്ക് കിട്ടാനുള്ളത് എന്തോ കിട്ടിയില്ല അവനെ കാരണമാണ് കിട്ടാത്തത് ഞാൻ ഇത്രയൊക്കെ പ്രവർത്തിച്ചു എന്നിട്ട് ഇങ്ങനെ സംഭവിച്ചുവല്ലോ മറ്റേ അത് ചെയ്യണ്ടിയിരുന്നില്ല ഇത് ചെയ്തത് നന്നായി അല്ലെങ്കിൽ കുടുംബത്തിലുള്ള രാഗദ്വേഷങ്ങളെ ഇതൊക്കെയല്ലേ വരുവുള്ളൂ അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ രാത്രി ഉറങ്ങിയോ ആവോ വരുവോ തോന്നുവോ നിങ്ങൾക്ക് ടെൻഷനുണ്ടാവോ അതിനെ കുറിച്ച് നിങ്ങൾക്ക് സംബന്ധമില്ലാത്ത ഒരു കാര്യവും നിങ്ങളെ ധ്യാനത്തിൽ വിഷമിപ്പിക്കണില്ല നിങ്ങളുടെ വിഷമം മുഴുവൻ നിങ്ങളുടെ ചില ഡെപ്പോസിറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് അപ്പൊ ആ ഡെപ്പോസിറ്റിനെ നിങ്ങൾ കാലിയാക്കുന്നവരെ അതിനെ ജാഗ്രതയോടുകൂടി അതിന് അസാമാന്യ ബുദ്ധി വേണം അസാമാന്യ ബുദ്ധി ശക്തി വേണം ബുദ്ധിശക്തിയെ നിഷേധിച്ചിരിക്കുക അസാമാന്യമായ ഇന്റലിജൻസ് വേണം യു മസ്റ്റ് ഹാവ് ആ ബുദ്ധി മുഴുവൻ കമ്പ്യൂട്ടറിലും മറ്റുള്ളവർക്ക് അടിമയായിട്ടും ഒക്കെ ചെലവാക്കി കഴിയുമ്പോൾ അത് ബുദ്ധി തളർന്നു പോകുന്ന സമയത്ത് ആ ബുദ്ധി സ്വന്തം ഉപയോഗത്തിനില്ല അതാണോ കുഴപ്പം ആ ബുദ്ധി പുറമേക്കുള്ള വസ്തുക്കളിൽ കുറച്ച് പിശുക്ക് കാണിച്ച് തുടങ്ങണം ബുദ്ധിയെ വെളി വിഷയങ്ങളിൽ ഉപയോഗിക്കുന്നതിൽ കുറച്ച് പിശുക്ക് കാണിച്ച് ബുദ്ധി തളരാതെ സംരക്ഷിച്ച് ബുദ്ധിക്ക് അല്പം സംരക്ഷണമൊക്കെ കൊടുത്ത് ബുദ്ധിക്ക് ഒന്ന് തളം കെട്ടി എത്ര ബ്രെയിൻ പ്രോബ്ലംസ് ആണറിയോ ഇപ്പോ ബോംബെയിൽ പോയപ്പോ ഒരാൾ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് കാണിച്ചു പേ പേപ്പറിലോ എന്തോ വന്നതാ ഈ എന്താണ് ഐ ബാങ്കും ഈ കോൾ സെന്ററിലും പ്രവർത്തിക്കുന്ന ആളുകള് ഒരുപാട് കുട്ടികളുടെ ബ്രെയിൻ പ്രോബ്ലംസ് എന്താണെന്നുവെച്ചാൽ രാവും പകലിതിനെ ചെവിയിലും വെച്ചുകൊണ്ട് ഇങ്ങനെ ബ്രെയിൻ മുഴുവൻ ടാക്സ് ചെയ്ത് കളഞ്ഞു ഈ ബുദ്ധി നമുക്ക് നമ്മൾക്ക് ജീവിക്കാനും ഉപയോഗിക്കാനില്ല ഇതൊക്കെ ആര് തീർത്തും പൂച്ചയ്ക്ക് ആരും മണി കെട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണോ പറയണത് ട്രെയിൻ പ്ലെയിനെ തലകീഴായി മറിയുമ്പോ ഒരാൾക്ക് പുറത്തു ചാടാൻ എന്ത് പറ്റും എങ്ങനെ പറ്റും സമൂഹമേ അങ്ങനെ വട്ടത്തിരിഞ്ഞുകൊണ്ടിരിക്കുക ഓട്ടെ അപ്പോ നമുക്ക് ഉള്ള ബുദ്ധിയെങ്കിലും ഇതിൽ ഉപയോഗിക്കണം അത്യാവശ്യമുള്ള ബുദ്ധിയെങ്കിലും നമ്മളുടെ കാര്യത്തിൽ ഉപയോഗിച്ച് നമ്മളുടെ ദൗർബല്യങ്ങളെ കണ്ടെത്തി നമ്മളുടെ കർമ്മത്തിനെ ജാഗ്രതയാക്കി കർമ്മം ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു കർമ്മം ചെയ്യണം ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഈ ശരീരം ചില കർമ്മങ്ങളോടുകൂടി വന്നിരിക്കുകയാണ് അത് ചെയ്യാതിരിക്കില്ലേ ആ കർമ്മ ശരീരം ശരീരം ജനിക്കുമ്പോ തന്നെ ചില സ്വഭാവത്തോടുകൂടി അതിനനുസരിച്ച് അത് ചലിക്കും ആ ചലനത്തിനെ പതുക്കെ പതുക്കെ ചലിക്കാൻ അനുവദിക്കുകയും പുതിയ ചലനത്തിന്റെ പരമ്പര തുടങ്ങാതെ അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ബുദ്ധിയെ ഉള്ള ആള് കർമ്മം ചെയ്യാതെ മടി പിടിച്ചു ഇരുന്നാലോ പരമ്പരാ തടസ്സപ്പെട്ട് അത്യധികം കുഴപ്പമാവും അപ്പോഴും അധ്യാത്മിക പുരോഗതി ഒന്നും ഉണ്ടാവില്ല അതാണ് ഭഗവാൻ കുരുതം തൂഷ്ണീം ആസനം നമ്മൾ സന്യാസ കർത്തവ്യ തസ്മാ ത്വം പൂർവ്വ അപ്പൊ അനുഷ്ഠിത അനാത്മജ്ഞാ ആത്മശുദ്ധ്യർത്ഥം തത്വേദ് ലോകസംഗ്രഹാർത്ഥം പൂർവ്വഹി ജനകാതിഭിഹി പൂർവ്വതരം കൃതം നഥുനാ കൃതം ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ് ആചാര്യസ്വാമികൾ പറയുന്നത് അതുകൊണ്ട് ഹേ അർജുന നീ വെറുതെ ഇരിക്കരുത് പ്രവർത്തിക്കുക എന്തിനു വേണ്ടി പ്രവർത്തിക്കണം എല്ലാവരും പ്രവർത്തിക്കുന്ന ആഗ്രഹപൂർത്തിക്ക് വേണ്ടിയാണ് അങ് അതിനു നീ അജ്ഞാനിയാണെങ്കിൽ ഇനിയും ആത്മജ്ഞാനം നിനക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാവാനായിട്ട് പ്രവർത്തിക്കുക അഥവാ നിനക്ക് ആത്മജ്ഞാനം തെളിഞ്ഞു കഴിഞ്ഞുവെങ്കിൽ ലോകമംഗളത്തിന് വേണ്ടിയായി പ്രവർത്തിക്കുക അപ്പോഴും തന്റെ പ്രവർത്തി അത് ലോകമംഗളത്തിന് വേണ്ടി ജ്ഞാനികൾ പ്രവർത്തിക്കുന്നത് ഭക്തിയായിട്ട് മാറും ലോകസംഗ്രഹാർത്ഥം പ്രവർത്തിക്കുക രണ്ടാണെങ്കിലും ഉണ്ടാതിരിക്കരുത് എന്നാണ് ഇവിടെ ആചാര്യസ്വാമികളുടെ ഭാഷ്യം നീ അറിയേണ്ടത് അറിഞ്ഞവനാണെങ്കിൽ ലോകമംഗളത്തിനായി എല്ലാവർക്കും ആനന്ദം ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കും നിനക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ സത്യസാക്ഷാത്കാരം ഉണ്ടായിട്ടില്ലെങ്കിൽ ചിത്തശുദ്ധി ഉണ്ടാവാനായിട്ട് പ്രവർത്തിക്കൂ രണ്ടാണെങ്കിലും പ്രവർത്തിക്കുന്നത് നല്ലതാണ് നല്ലതാണ് പക്ഷെ പ്രവർത്തിക്കുന്നത് ഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത് ഭോഗത്തിന് വേണ്ടിയിട്ടല്ല പ്രവർത്തി ചിത്തശുദ്ധിക്ക് വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ലോകമംഗളത്തിന് വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവത് അറിഞ്ഞുകൊണ്ട് ജനകൻ മുതലായിട്ടുള്ള മഹാത്മാക്കൾ അശ്വപതി ജനകൻ അംബരീഷൻ മുതലായ രാജാക്കന്മാരൊക്കെ എങ്ങനെ പ്രവർത്തിച്ചുവോ അതുപോലെ പ്രവർത്തിക്കൂ എന്നാണ് അർജുനനോട് പറയുന്നത് അപ്പൊ കർമ്മം ഉപേക്ഷിക്കേണ്ടതേ അല്ല ചെയ്തേ വോക്കൂ എന്തെങ്കിലും പ്രവർത്തി ചെയ്യാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല ആ പ്രവൃത്തി ചിത്തത്തില് അശുദ്ധി ഉണ്ടാവുന്നതിന് പരം ശുദ്ധി ഉണ്ടാവാനാവട്ടെ ആത്മസാക്ഷാത്കാരത്തിന് വാതില് തുറന്നു തരുന്നതാവട്ടെ തത് കർമ്മായ ഭാഗവതത്തിൽ നാരദ മഹർഷി ഉപദേശിക്കുന്നതാണ് ആ കർമ്മമാണ് കർമ്മം ഏത് ഏത് ബന്ധിക്കില്ലയോ മുക്തിക്ക് തുറന്നു തരുവോ ദ്വാരം അത് കർമ്മം അതാണ് അറിവ് ഏതറിവ് കൊണ്ട് ഒരു ജീവൻ ബന്ധവിമുക്തനാവുന്നു അതാണ് അറിവ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ കർമ്മത്തിന്റെ സീക്രട്സിലേക്ക് മിസ്റ്ററീസിലേക്ക് പോവുകയാണ് നോക്കുക